السلام عليكم ورحمة الله الحمد لله رب العالمين والسلام على إشرف والمرسلين نبينا محمد وعلى آله واصحابه أما بعد ായ സഹോദരങ്ങളെ കഴിഞ്ഞ തരത്തിൽ നബിസൊല്ലാഹു അലഹി വസല്ലം നദീനയിൽ അവിടുത്തെ കേന്ദ്രമായ മസ്ജിദു നബു നിർമ്മിച്ചതിനെ കുറിച്ചും അതിനു ചുറ്റുമായി റസോദുല്ലാഹി സാഹു അലഹി വസല്ലമ്മയുടെ ഭാര്യമാരുടെ വീടുകൾ നിർമ്മിച്ചതിനെ കുറിച്ചും ഒക്കെയാണ് അതോടൊപ്പം റസൂൽ സാഹുഅലി വസ്ല്ലം നദീനയിൽ പ്രവേശിച്ച ശേഷം മൊഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ നിശ്ചയിച്ച സഹോദര്യ ബന്ധം അത് ചരിത്രത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അതോടൊപ്പം റസൂർ അലഹി വസല്ലം അവിടുന്ന് മദീനയിൽ മുസ്ലിമങ്ങൾക്കിടയിലും യഹൂദർക്കിടയിലും മുഷറിഖുകൾക്കിടയിലും നിശ്ചയിച്ച നിയമങ്ങൾ സഹിത അത് സ്ഥാപിച്ചതിനെ കുറിച്ചുമൊക്കെ കഴിഞ്ഞ ദർശൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തി നിർത്തിയത് ഇസ്ലാമിൽ അജാന് സംസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ബാങ്ക് വിളി നിയമമാക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത് നബിസ് അലി വസല്ല മദീനയിൽ വരുമ്പോൾ മൂന്ന് വിഭാഗം ആളുകൾ അവിടെയുണ്ട് ഒന്ന് മുസ്ലിംങ്ങളാണ് രണ്ട് യഹൂദരാണ് മൂന്ന് അവിടെയുള്ള മുഷ്രിഖുകളാണ് ഈ മൂന്ന് വിഭാഗം ആളുകൾ നദീനയിലുണ്ട് അവരിൽ യഹൂദർ മദീനയിലെ കച്ചവടം കാര്യമായി നിയന്ത്രിച്ചവരായി നിയന്ത്രിച്ചിരുന്നവരായിരുന്നു അവർക്ക് മദീനയിൽ വലിയ സ്വാധീനമുണ്ട് യഹൂദന്മാർക്കിടയിൽ ഏറെ പ്രമുഖനാണ് ഏറെ സ്വീകാര്യനാണ് അബ്ദുവാഹിബിനു സലാം എന്ന വ്യക്തി അദ്ദേഹം അവർക്കിടയിൽ വളരെ അറിയപ്പെട്ട വ്യക്തിത്വമാണ് رسول الله صلى الله عليه وسلم అబుదున్ మదీల మదీనా ఇల్తి అన్నారని అరిഞ്ഞപ്പോൾ అబ్దుల్లాహ్ ఇబ్ను సలాం అദ്ദേహం వలరే సంతృప్తిచం అంగన రసూల్ullah صلى الله عليه وسلم మైడే అడుకే లేకే അദ്ദേഹം ഒരു നബിയാണോ എന്ന് തിരച്ചറിയുന്നതിനവേണ്ടി അബ്ദുള്ളാഹിബ്നു സലാം പുറപ്പെട്ടു അദ്ദേഹം പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ആദ്യമായി അവിടത്തെ മുഖം കണ്ടപ്പോൾ ഫലംമ തബയന്തു വജ്ഹഹു അഅറസ്തു അവിടുത്തെ മുഖം കണ്ടപ്പോൾ കളവ് പറയുന്ന ഒരാളുടെ മുഖമല്ല അത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു ഒരു കളവ് പറയുന്നയാളുടെ മുഖ മുഖമല്ല റസൂറുള്ളക്കുള്ളത് എന്നെനിക്ക് അവിടുത്തെ ആദ്യ കാഴ്ചയിൽ തന്നെ ബോധ്യപ്പെട്ടു ഞാൻ ആദ്യം നബ്സല്ലാഹി വസല്ലം പറയുന്നതായി കേട്ട വാക്കിതാ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു يا أيها الناس اللي هو جننالي أفش السلام ننجل السلام وردبكنام وأطعم الطعام وشكنا ورقا وشي ملا ورقا باكشنام نلغنام وصيل الأرحام كدوبة بندنجل شاركنام وصلوا بالليل والناس نيام جننال ورنغن وعليه لإذنية نسكريكنام تَدْخُلُ الْجَنَّةَ بِسَلَامُ لِنْجَ الْكِسَمَادَانَ تُعْرُقُوا دِصَرْغَةِ الْبَرَوَشِفِكَانَ هذه الأرواحة تقول لهم رسول الله سبحانه بيترميمه واندان فهذا ما نوهر ما يقعنا ذا بدي كان لفهم الله حديث تقول لهم أَفْشُ السَّلَامِ وَأَطِعِ النُطْعَامِ وَصِلُ الْأَرْحَامِ وَصَلُوا بِالْلَيْلِ وَالنَّاسُ نِيَامِ تَدْخ അതാണ് റസൂൾ അലൈഹി വസ്ലം പറയുന്നതായി ഞാൻ ആദ്യം കേട്ട വാക്ക് അതാണ് അങ്ങനെ ഞാൻ നബിഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു എന്നിട്ട് റസൂൾ ഉള്ളയോട് ഞാൻ പറഞ്ഞു മൂന്ന് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് മൂന്ന് ചോദ്യങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുണ്ട് ഒരു നബിക്കല്ലാതെ മറ്റൊരാൾക്കും അതിന്റെ ഉത്തരം അറിയാൻ സാധ്യതയില്ല നിങ്ങൾ അറബികളിൽ പെട്ടയാളാണ് വിവരമില്ലാത്ത ആളുകളാണ് അറബികളെന്ന് ജാഹലീയത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ഒരു നബിക്കല്ലാതെ ഉത്തരം പറയാൻ സാധിക്കാത്ത മൂന്ന് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാറുണ്ട് ഒന്നാമത്തെ ചോദ്യം അന്ത്യനാളിന്റെ അവസാന ദിനത്തിന്റെ അന്ത്യനാളിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ് രണ്ട് സ്വർഗക്കാർ ആദ്യമായി ഭക്ഷിക്കുന്ന ഭക്ഷണം ഏതാണ് മൂന്ന് എങ്ങനെയാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ വാപ്പയോട് സാദൃശ്യം ഉണ്ടാകുന്നത് ചിലപ്പോൾ ഉമ്മയുടെ ആംഗളന്മാരോട് സാദൃശ്യം ഉണ്ടാകുന്നത് കുട്ടി ജനിച്ചാൽ ചിലപ്പോൾ കുട്ടിക്ക് വാപ്പാറിന്റെ മുഖമാണ് അല്ലെങ്കിൽ വാപ്പാറിന്റെ കുടുംബക്കാരുടെ മുഖാണ് ചിലപ്പോൾ ഉമ്മന്റെ കുടുംബക്കാരുടെ മുഖാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു മൂന്ന് ചോദ്യങ്ങളാണ് റസൂൽ വസ്ല്ലം അത് കേട്ടപ്പോൾ പറഞ്ഞു അനിബ്രീൽ എനിക്ക് കുറച്ചു മുൻപ് ജിബ്രിൽ ഇക്കാര്യം പറഞ്ഞു തന്നിട്ടുള്ളൂ എന്നിട്ട് റസൂൽ അള്ളാഹുഅലം അവിടുന്ന് അബ്ദുല്ലാ ഹെബിൻസലാമിന് പറഞ്ഞു കൊടുത്തു ഒന്നാമത്തെ അന്ത്യനാളിന്റെ അടയാളം അവിടുന്ന് പറഞ്ഞു അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ തുടക്കം ഇതിലൂടെയാണ് പറഞ്ഞു ആദ്യത്തെ അന്ത്യനാളിന്റെ അടയാളം അത് കിഴക്കുഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീയാണ് ആ തീ ആ അഗ്നി അത് ജനങ്ങളെ മഹറിബിലേക്ക് തെളിച്ചുകൊണ്ടുവരികയും അവിടെ ആ മക്ഷറിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും ജനങ്ങളെല്ലാവരും അക്ഷറിലേക്ക് എത്തും അതോടുകൂടിയാണ് പരലോകം ആരംഭിക്കുന്നത് അതാണ് തുടക്കത്തിൽ സംഭവിക്കുന്ന കാര്യം തുടക്കത്തിൽ പരലോകത്തിൽ ആദ്യം സംഭവിക്കുന്ന അതിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് മഷീരക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു തീയാണ് ജനങ്ങൾ ആ തീ കാരണത്താൽ മഹറിബിലേക്കെത്തും കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തും അങ്ങനെ അവരെല്ലാവരും അക്ഷറിൽ ഒരുമിച്ചു കൂടും അതാണ് പരലോകത്തിന്റെ തുടക്കം രണ്ടാമത് നബി അലയ്യൂസെല്ലാം പറഞ്ഞു സ്വർഗക്കാർക്ക് ആദ്യമായി ലഭിക്കുന്ന ഭക്ഷണം മത്സ്യത്തിന്റെ കരളിൻ്റെ അധിക ഭാഗമാണ് അത്ര വളരെ നൈർമല്യമുള്ള വളരെ സോഫ്റ്റ് ആയ വളരെ തിന്നാൻ രുചിയുള്ള ഭക്ഷണം മത്സ്യത്തിന്റെ കരളിന്റെ അതിന്റെ ഏറ്റവും സോഫ്റ്റായ ഭാഗം ഏറ്റവും തിന്നാൻ വളരെ എളുപ്പമുള്ള തിന്നാൻ വളരെ ടേസ്റ്റുള്ള ഭാഗം അതാണ് സ്വർഗക്കാർക്ക് ആദ്യം നൽകപ്പെടുന്ന ഭക്ഷണം മൂന്നാമത്തേത് റസുല്ലാം പറഞ്ഞു പു പുരുഷനും സ്ത്രീയും വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പുരുഷന്റെ ബീജമാണ് സ്ത്രീയുടെ ബീജത്തെ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് പിതാവിൻ്റെ ലക്ഷണം ഉണ്ടായിരിക്കും സ്ത്രീയുടെ ബീജമാണെങ്കിൽ സ്ത്രീയുടെ കുടുംബക്കാരുടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും പുരുഷൻ്റെതാണ് മേലെ നിൽക്കുന്നതെങ്കിൽ പുരുഷനായിരിക്കും പുരുഷന്റെ ബീജമാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ അതാണ് സ്ത്രീയുടെ ബീജത്തെക്കാൾ മുകളിൽ നിൽക്കുന്നതെങ്കിൽ അത് പിതാവിൻ്റെ വാപ്പയുടെ ആ കുട്ടി വാപ്പയുടെ അടയാളങ്ങൾ കാണിക്കും ഇല്ലെങ്കിൽ ഉമ്മയുടെ അടയാളങ്ങൾ കാണിക്കും ചിന്തിക്കണം ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് കുട്ടികൾ ഉണ്ടാവുക എന്നതിൽ പ്രസവിക്കലല്ലാതെ മറ്റൊരു പങ്കുമില്ല എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന കാലഘട്ടമാണത് എന്നാണ് റസൽ അള്ളഹി സ്വലം പറഞ്ഞത് സ്ത്രീ അവൾക്ക് കുട്ടിയുണ്ടാകുന്നതിൽ പങ്കുണ്ട് പുരുഷനും കുട്ടിയുണ്ടാകുന്നതിൽ പങ്കുണ്ട് ആ കാലഘട്ടത്തിലെ കുട്ടിയുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വളരെ അത്ഭുതകരമായിരുന്നു അതിൽ എല്ലാം തന്നെ എന്ന് പറയാം പുരുഷന് മാത്രമാണ് കുട്ടിയുണ്ടാകുന്നതിൽ പങ്കുണ്ട് എന്ന് വിചാരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ് റസുൽ അള്ളാഹുസ്ലാം പറഞ്ഞു പുരുഷന്റേതാണെങ്കിൽ അതിനാണ് കൂടുതൽ മുൻതൂക്കമുള്ളത് എങ്കിൽ പുരുഷന്റെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സ്ത്രീയുടെ അടയാളം ഉണ്ടായിരിക്കും ഇത് കേട്ടപ്പോൾ അബ്ദാഹബുസലാം അദ്ദേഹം പറഞ്ഞു അഷു ഇലഹാഷു അദ്ദേഹം മുസ്ലിമായി യഹൂദറിലെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം നേതാവാണ് അദ്ദേഹത്തിന് യഹൂദർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് റസൂൽ അലൈഹി വസ്ല്ലോട് അബ്ദുലാ റസൂലെ കൗമുബു യഹൂദർ കള്ളം കെട്ടി ചമക്കാൻ ഒരു മടിയുമില്ലാത്ത അതുകൊണ്ട് അവർ ഞാൻ മുസ്ലിമായി എന്നറിഞ്ഞാൽ നിങ്ങളുടെ അടുക്കൽ വന്ന് എന്നെ പറ്റി കളവുകൾ ഉണ്ടാക്കി പറയും ഞാൻ പണ്ടേ അങ്ങനെയായിരുന്നു പണ്ടേ ഇങ്ങനെയായിരുന്നു എന്ന് പറയും അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ അവരോട് പോയി ഞാൻ മുസ്ലിമായി എന്നത് പറയുന്നതിന് മുൻപ് എന്നെ ഒന്ന് അന്വേഷിക്കണം അങ്ങനെ റുസല്ലാഹു അലൈഹി വസ്ലം യഹൂദരയിൽപ്പെട്ട ചില പ്രമുഖന്മാരെ വിളിച്ചു വരുത്തി അവർ റസൂൽ അടുക്കൽ വന്നു അബ്ദുള്ള സലാം ഒരു മറക്കു പിന്നിൽ അവരോട് റസൂൽ അല്ലാഹിഅഅഅലഹി വസല്ലം അവിടുന്ന് ചോദിച്ചു അബ്ദുല്ലാഹിബുനു നിങ്ങൾക്കിടയിൽ അബ്ദുല്ലാഹിബിനു സലാമിന്റെ സ്ഥാനം എന്താണ് എന്താണ് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം അപ്പോൾ യഹൂദർ അവർ പറഞ്ഞു ഒന്നടങ്കം പറഞ്ഞു ഹൈറൂനു ഹൈറിന ഞങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനാണ് ഏറ്റവും നല്ല വാപ്പയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള വാപ്പയും വളരെ ഉഷാറായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളവനാണ് ഏറ്റവും അറിവുള്ള പണ്ഡിതന്റെ മകനുമാണ് ഞങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാണ് ഏറ്റവും ബുദ്ധിയുള്ള ആളുടെ മകനാണ് അപ്പോൾ റസൂർ അലിഹു വസ്ലാം ചോദിച്ചു അബ്ദുള്ള ഹബിനുസലാം മുസ്ലിം ആയി എന്ന് കേട്ടാൽ നിങ്ങൾ ഇത് തന്നെയാണോ പറയുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം അബ്ദുള്ള ഹബിനുസലാം മുസ്ലിം അപ്പോൾ ഇവർ പറഞ്ഞു ആൻ ജാലിഖ് അവൻ അവളെന്ന് കാക്കട്ടെ അവൻ മുസ്ലിമാവേ അയ്യോ അങ്ങനെ സംഭവിക്കുകയില്ല അപ്പോൾ റസൂൽ അലി വസ്ല്ലാം വീണ്ടും ചോദിച്ചു വീണ്ടും അവരദ്ദേഞ്ഞു അപ്പോൾ അബ്ദുള്ള ഹബിനുസലാം പുറത്തേക്ക് വന്നു അവരുടെ ഇടയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അഷു മുഹമ്മദ് ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് അത് കേട്ടുടനെ പുരോഹിതന്മാർ ആകെ വപ്രാളത്തിലായി അവർ അബ്ദുല്ലാഹിബിൻ സലാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏറ്റവും വെടക്കാണ് പണ്ടു മുതലേ ഇവന് പ്രശ്നക്കാരനാണ് അവന്റെ വാപ്പിങ്ങനെ തന്നെയാണ് ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിലെത്തും വിവരമില്ലാത്ത വിഡ്ഢിയാണ് അവന്റെ വാപ്പയും പണ്ടേയും വിവരമില്ലാത്തവനായിരുന്നു അവർ നേരെ തിരുത്തി പറഞ്ഞു എന്ന് അത് പ്രകടമാണ് ഇത് കൂടുതൽ കാണാവുന്നത് നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണാവുന്നത് നമ്മുടെ ആ യഹൂദന്മാരില്ല നിരീശ്വരവാദികളുടെ അടുക്കലാണ് നിരീശ്വരവാദികൾ അവരോടൊപ്പമാണ് ഒരാളുള്ളത് എങ്കിൽ അവരവരുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവനാണ് ഇവനാണേറ്റവും ശാസ്ത്രം അറിയാം ഏറ്റവും വിവരമുള്ളത് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവൻ പറയും അവനൊന്ന് മുസ്ലിമായി നോക്കട്ടെ ഇന്നലെ വരെ പറഞ്ഞതൊക്കെ അവർ പിൻവലിക്കും ഒരു മടിയില്ലാതെ പരസ്യമായി പിൻവലിക്കും എത്രയോ അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പരസ്യമായി ഇന്നലെ വരെ ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും ഉഷാറാണ് അവൻ അവൻ പുരോഗമന ചിന്താഗതിക്കാൻ ബുദ്ധിയുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവനൊരു ദിവസം ഇസ്ലാം സ്വീകരിച്ചാൽ ഉടനടി വാക്കുമാറും നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം ഇതെങ്ങനെയാണ് ആളുകൾ പറയാൻ ഇപ്പോ ഒരു സെക്കൻഡ് മുന്നേ പറഞ്ഞിട്ട് എങ്ങനെ യഹൂദന്മാർ മാറ്റി പറയും ഇല്ല അത് ഇന്നും സംഭവിക്കുന്ന കാര്യമാണ് ഒരാൾ വഴികേടി നിലനിൽക്കുന്നിടത്തോളം കാലം അയാളെ കുറിച്ച് എല്ലാവരും നല്ലത് പറയും എന്നാൽ അയാൾ സത്യം സ്വീകരിച്ചാൽ ആളുകൾക്ക് അയാളെ കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല ഇത് പല കാര്യത്തിലും മുസ്ലിമികൾക്കിടയിൽ പോലും ഈ സ്വഭാവം കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ ഇന്നലെ വരെ അവൻ ഹറാമുകൾ ചെയ്ത് ജീവിച്ചിരുന്ന ആളാണ് ഒരു ഹലാലും പരിഗണിച്ചിരുന്നില്ല അവന് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കള്ളുടിക്കുന്ന സദസ്സിൽ പോയിരിക്കും ചിലപ്പോൾ കള്ളന്നെ കുടിച്ചിട്ടുണ്ടാവും അവന് എടുത്തിരിക്കുന്ന ഡ്രസ് ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്തതാണ് പല സിനിമ കാണുന്നുണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് നിസ്കരിക്കുന്നില്ല നോമ്പ് വരെയൊക്കെ നോക്കുന്നുണ്ടാവൂല്ല ഒരു കുഴപ്പം അവനെ പറ്റി കുടുംബക്കാർക്കുണ്ടാവില്ല സമൂഹത്തിനുണ്ടാവില്ല എന്നാൽ അവനേതെങ്കിലും ഒരു ദിവസം ഉസ്കരിക്കാനും നോമ്പ് നോൽക്കാനും ഇങ്ങനെയുള്ള ഹറാമായ ബന്ധങ്ങളിത് മാറി നിൽക്കാനും തുടങ്ങിയാലോ അവനെ ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെയാണ് ഒരു പരിക്ക സ്വഭാവം ആൾക്കാരായിട്ട് പരിമാറാനറിയില്ല ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറ്റിയതാണോ ആളുകൾ എത്ര പെട്ടെന്നാണ് നന്മക്കെതിരെയാകുന്നത് അത് ഒരു നിലക്ക് യഹൂദന്മാരുടെ സ്വഭാവമാണല്ലോ ഇത് കേൾക്കുമ്പോൾ ചില ആളുകളെങ്കിലും വിചാരിച്ചേക്കാം ഇങ്ങനെയൊക്കെ ആളുകൾ പറയണം ഇല്ല ഇങ്ങനെ പറയുന്ന ആളുകൾ ഇന്നുമുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ ഇന്നുമുണ്ട് അവർ യഹൂദരോടാണ് സദൃശമുള്ളവരാകന്ന അവരുടെ ഹറാമ്പുകളിൽ ഒപ്പം നിന്നാൽ അവരവരെ പുകഴ്ത്തി പറയും എന്നാൽ അതിനെതിരെ നിന്നാൽ അവരങ്ങേറ്റം ആളുകളെഴ്ത്തി പറയും വസൂൽ മുനാസിന്റെ സ്വഭാവങ്ങളിൽ ഒന്ന് പറഞ്ഞത് മുനാസി അവൻ തെറ്റിയാൽ തെറി വിളിക്കും കപട വിശ്വാസി തെറ്റിയാൽ തെറി വിളിക്കും ഇന്നലെ വരെ നല്ലത് പറഞ്ഞത് എന്ന് എല്ലാം കൂടി തിരുത്തി പറയാം തെറ്റിക്കഴിഞ്ഞാൽ ആകെ സ്വഭാവമാകെ മാറി അപ്പോൾ അബ്ദുൽ അദ്ദേഹം മുസ്ലിമായി അദ്ദേഹത്തിന്റെ കാര്യത്തിലാണ് അള്ളാഹു ആയത്തിറക്കിയത് അല്ലയോ യഹൂദരെ അല്ലയോ വേദക്കാരെ എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ റസൂൽ അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണെങ്കിൽ ഈ റസൂലിൽ നിങ്ങൾ നിഷേധിക്കുകയും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെ അദ്ദേഹത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെ അദ്ദേഹത്തെ നിഷേധിക്കും അത് അബ്ദുല്ലാഹിൻസ് കുറിച്ച് പറഞ്ഞത് ബനു ഇസ്രീലുകാരിൽപ്പെട്ട ഒരു സാക്ഷി എന്ന് പറയുന്നത് പറഞ്ഞത് അബ്വാഹിബിനു സലാം എന്ന സഹാബിയെക്കുറിച്ചാണ് ഈ ആയത് അവതരിച്ചത് മുഹസറുകളുടെ അഭിപ്രായ പ്രകാരം എന്നാൽ ജൂതന്മാർ അവർ വിശ്വസിച്ചില്ല അവരിലെ പുരോഹിതന്മാർ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ജൂതന്മാർ ഒന്നടങ്കം മുസ്ലിം ആവുമായിരുന്നു കാരണം ജൂതന്മാരും നഫറാനികളും ഏറ്റവും ശക്തമായ തക്ലീദുള്ള വിഭാഗമാണ് തക്ലീദ് എന്ന് പറഞ്ഞാൽ അന്തമായി അനുകരിക്കുന്ന ആളുകളാണ് ൾ അവരുടെ പുരോഹിതന്മാർ ഇന്നലെ വരെ സ്വർഗരതി നിഷിദ്ധമാണെന്ന് പറഞ്ഞ് ഇന്ന് പല ആളുകളും അത് മാറ്റി പറയാൻ തുടങ്ങി ഇന്നലെ വരെ ഹറാമാണ് എന്ന് കടുത്തു വിശ്വസിച്ചിരുന്ന ആളുകൾ ഇന്ന് തെറ്റി പറയാൻ തുടങ്ങി കാരണം എന്ത് പുരോഹിതന്മാർ അപ്രകാരം പറഞ്ഞു യഹൂദർക്കും ഇതുപോലെ തന്നെയാണ് ദീൻ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ പറയുന്നതാ ശനഗോകിലെ അവരുടെ തലവൻ പറഞ്ഞാൽ ദീൻ മാറി നഫാനാനികൾക്ക് അച്ഛൻ പറഞ്ഞാൽ അവരുടെ മീൻമാറി അതുകൊണ്ടാണല്ലോ അള്ളാഹു അവരെ പറ്റി പറഞ്ഞത് അവനവരുടെ പുരോഹിതന്മാരെ അള്ളാഹുവിനു പുറമെ റബ്ബുകളാക്കി സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് റസൂൽ അള്ളാഹിം പറഞ്ഞതില്ല യഹൂദരിയിൽപ്പെട്ട പത്താളുകൾ എന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ യഹൂദരെല്ലാം എന്നിൽ വിശ്വസിക്കുമായിരുന്നു എന്താ ഈ പത്താളുകൾ യഹൂദരിൽപ്പെട്ട പത്ത് നേതാക്കന്മാർ പത്ത് പുരോഹിതന്മാർ അവരുടെ കൂട്ടത്തിൽ നേതാക്കന്മാർ മദീനയിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാർ റസൂൽ അള്ളാഹി സല്ലാ വസ്ലമിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ മറ്റെല്ലാ യഹൂദന്മാരും റസൂൾ അള്ളാഹിയിൽ പക്ഷെ അവർ വിശ്വസിച്ചില്ല മാത്രമല്ല റസൂൽ അലിഹി വസ്സല്ലമക്കെതിരെ അടുത്ത കുതന്ത്രങ്ങൾ മനയിക മാത്രമാണ് യഹൂദന്മാർ അവർ ചെയ്ത കാര്യം യഹൂദന്മാർ അവരുമായി ബന്ധപ്പെട്ട ഇസ്ലാമികമായ ബന്ധങ്ങളും നബ്സ അള്ളാഹുലം അവരോട് സ്വീകരിച്ച ചില നിലപാടുകളും വിശദമായി നമുക്ക് ഇനിയും പറയേണ്ടതുണ്ട് അതിനു ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച പ്രധാനപ്പെട്ട മറ്റു ചില സംഭവങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തണം ഒന്ന്ഹു അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് മുസ്ലിംങ്ങൾ മദീനയിലെത്തി അവിടെ വെള്ളം ലഭിക്കാൻ പ്രയാസമുണ്ട് കുടിവെള്ളം അങ്ങനെ ഇരിക്കെ അവർക്ക് മക്കയിലുള്ള വെള്ളം കുടിച്ചു ശീലിച്ച ആളുകൾക്ക് മദീനയിൽ പലയിടത്തു കുടിക്കുന്ന വെള്ളം ശരീരത്തിന് പറ്റുന്നില്ല എന്നാൽ അവിടെ ബനൂ ഹിസാർ ഗോത്രത്തിൽപ്പെട്ട ഒരു മുസ്ലിം ഒരാളുടെ അടുക്കൽ റൂമ എന്ന പേരിൽ ഒരു കിണർ ഉണ്ടായിരുന്നു എന്ന പേരിൽ എന്ന് പറഞ്ഞാൽ കിണറാണ് റൂമ എന്ന കിണർ അതിലെ വെള്ളം അവർ കുടിച്ചിരുന്നു അദ്ദേഹമാകട്ടെ ബനുബുസാറിൽപ്പെട്ട ഇയാളാകട്ടെ അദ്ദേഹം അതിലെ വെള്ളം ഒരു മുദ് ഭക്ഷണത്തിനാണ് വിറ്റിരുന്നത് ഒരാൾ ഒരു മുദ് ഭക്ഷണം കൊടുത്താൽ അതിന് വെള്ളം പകരമായി കൊടുക്കും അയാളുടെ കിണറായിരുന്നു അത് അങ്ങനെ റസൂൾ അള്ളാഹിഅലം അദ്ദേഹത്തോട് ചോദിച്ചു ഒരിക്കൽ ഈ കിണറിന്റെ ഉടമസ്ഥനോട് റസൂൾ എന്ന് ചോദിച്ചു ചെവി സ്വർഗത്തിൽ നിനക്കൊരു ഉറവതെ ലഭിക്കും ഇത് നീ മുസ്ലിംകൾക്ക് വേണ്ടി നൽകുന്നു അപ്പോൾ അയാൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എനിക്ക് ഇതല്ലാതെ മറ്റൊരു വരുമാന മാർഗമല്ല എനിക്കാകട്ടെ വലിയ കുടുംബമുണ്ട് വേറെ ഒരു വരുമാന മാർഗം അപ്പോൾ നബിസ് അലൈഹി വസല്ലം ഈ പറഞ്ഞ വാക്ക് സ്വർഗത്തിലൊരു ഉറവയ്ക്ക് വേണ്ടി ഇത് നീ എനിക്ക് നൽകുന്നു എന്ന വാക്ക് അദ്ദേഹം കേട്ടു അദ്ദേഹം ഇയാളുടെ അടുക്കൽ പോയി മുപ്പത്തി അഞ്ച് മുപ്പത്തി അയ്യായിരം ദിർഹമുകൾക്ക് ആ കിണർ വാങ്ങി മുപ്പത്തി അയ്യായിരം ദുർഹമുകൾക്ക് ആ കിണർ ഉസ്മാൻ വാങ്ങി എന്നിട്ടുണ്ട് അലിഹു വസ്സല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുന്റെ റസൂലെ അവന് വാഗ്ദാനം ചെയ്തത് എനിക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റുമോ റസൂൽ പറഞ്ഞു അതെല്ലാം അലൈഹി വസ്ല്ലാം അപ്പോൾ അലൈഹു വസ്ല്ലാം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാനിത് മുസ്ലിംങ്ങൾക്ക് വേണ്ടി വഖഫായി നിശ്ചയിച്ചിരിക്കുന്നു ഇന്നും ബിയൊ റൂമ നിങ്ങൾക്ക് കാണാൻ പറ്റും മദീനയിൽ പോയാൽ അള്ളാഹു സൽ അവിടെ എത്തിച്ചേരാനുള്ള സൗഫ് നമുക്ക് നൽകുമാറാകട്ടെ മദീനയിൽ പോയാൽ ബിറു റൂമ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നും ആ കിണറ് അവിടെയുണ്ട് ബിയൊ റൂമയിൽ അതിൽ നിന്ന് വെള്ളം മുസ്ലിംങ്ങൾക്ക് ദാനം ചെയ്യുക എന്ന സ്വർഗപ്രവേശനം റസൂൾ സല്ലാഹു അലിഹി വസല്ലമ്മ വാഗ്ദാനം ചെയ്ത ഈ വലിയ സൽക്കരണം ചെയ്തയാളാണ് ഹസ്മാൻബുൻ അഹ്സാൻ റബി അള്ളാഹു ആൻഹു എന്നാൽ ചരിത്രത്തിലെ വൈപരീത്യം എന്ന് പറയട്ടെ പിൽക്കാലഘട്ടത്തിൽ ബുദ്ധി അഹ്സാൻ റബി അള്ളാഹു ആൻഹു നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹം പിന്നീട് മദീനയിൽ ചില കുഴപ്പക്കാരുടെ കരങ്ങളാൽ കൊല്ലപ്പെടുകയാണ് സ്വന്തം വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചില കുഴപ്പക്കാരുടെ കൈകളാൽ ഹസ്മാൻബുൻ അഹ്സാൻ റബി അള്ളാഹു ആൻഹു കൊല്ലപ്പെടുകയാണ് അങ്ങനെ കൊല്ലപ്പെടുന്ന ആ വേളയിൽ അദ്ദേഹത്തെ ദിവസങ്ങളോളം അവിടെ ഉണ്ടായിരുന്ന കുഴപ്പക്കാർ അവർ ഉപരോധിച്ചിരുന്നു വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല സംസ്കരിക്കാൻ പോകാൻ പാടില്ല വെള്ളം കുടിക്കാൻ പോകാൻ പറ്റില്ല വെള്ളം കൂടി കൊണ്ടു പാടില്ല ഭക്ഷണം കൊണ്ടു പാടില്ല കൊണ്ടുവരാൻ പാടില്ല മുസ്ലിം ഇങ്ങൾക്ക് റോമാർ കിണർ ദാനം ചെയ്തു പിന്നീട് ദാഹിച്ചപ്പോൾ വെള്ളം കിട്ടാതെ പ്രയാസകരമായ ദിവസങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് സുബാണ അത് ചരിത്രത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലഘട്ടത്തിൽ അറിയിച്ച അവിടുന്ന് പ്രവചിച്ച പ്രവചിച്ച കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് നബിസല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്ന ഹിജറവർഷം ആദ്യത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യം മദീനയിലെ റസൂളുള്ളയുടെ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടപ്പോൾ മദീനയുടെ അതിർ വരമ്പുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ മദീന അതിരിലല്ല മദീന നടുവിലാണ് റസൂൾടെ മസ്ജിദിൽ നടുവിലാണ് മദീനയുടെ അതിരുകളിൽ താമസിച്ചിരുന്ന മുസ്ലിംങ്ങളിൽ പലരും മദീനയിലേക്ക് അവരുടെ വീട് പറിച്ചു ആഗ്രഹിച്ചു അത് റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം മദീനയുടെ അതിരുകൾ ഒരാളുമില്ലാതെ വിജനമായി തീരുക എന്നത് ശത്രുക്കൾക്ക് അവിടേക്ക് കയറി വരാൻ എളുപ്പമുണ്ടാക്കും അലൈഹി വസല്ലമയുടെ അടുക്കൽ ബലൂസ കുടുംബം അവർ അംസാരികളിലെ വലിയ കുടുംബമാണ് റസൂൽ അടുക്കൽ വന്ന് അവർ മദീനയിൽ മസ്ജിദുൻ നബോയുടെ അടുക്കലേക്ക് താമസം മാറുന്നതിനെ കുറിച്ച് റസൂൾ അലൈഹി വസല്ലമ്മയോട് പറഞ്ഞു അപ്പോൾ അലൈഹ് വസല്ലം അവിടുന്ന് അവരോട് പറഞ്ഞു ഇന്ന ലഖും നിങ്ങൾക്ക് മസ്ജിദിലേക്ക് നടക്കുന്ന ഓരോ അടികൾക്കും ഓരോ കാലടികൾക്കും ഓരോ പദവികൾ അള്ളാഹു നൽകും സ്വർഗത്തിൽ അങ്ങനെ അവർ പിന്നീട് നദീനയുടെ വശങ്ങളിൽ തന്നെയാണ് താമസിച്ചത് എന്ന് മറ്റൊരു പാഠം മനസ്സിലാക്കാനുള്ളത് മസ്ജിദിന്റെ അടുക്കൽ താമസിക്കുക എന്നതാണ് കൂടുതൽ ഹയർ പക്ഷെ മസ്ജിദിൽ നിന്ന് വിട്ടു താമസിക്കുക എന്നതിൽ മുസ്ലിംങ്ങൾക്ക് പൊതുവെ ഹയർ ഉണ്ടെങ്കിൽ മസ്ജിദിൽ നിന്ന് വിട്ടു താമസിക്കലിലാണ് ഹയർ അപ്പൊ ഓരോ സമയത്തും ആളുകളുടെ നന്മ വ്യത്യാസപ്പെടും എല്ലാവരും മസ്ജിദിന്റെ അടുക്കൽ താമസിക്കാന്ന് പറഞ്ഞു എല്ലാവരും മസ്ജിദിന്റെ അടുക്കൽ വന്നാൽ പിന്നെ ദൂരത്തൊക്കെ ഒരാളുണ്ടാവില്ല അപ്പോൾ കാര്യങ്ങളെ പരിഗണിക്കുന്ന സമയത്ത് ഏതിലാണ് കൂടുതൽ ഉപകാരമുള്ളത് എന്നത് ചിന്തിക്കേണ്ടതുണ്ട് എന്ന പാഠം ഈ പറഞ്ഞ സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ശരി അലൈഹി വസ്ല്ലം അവിടുത്തോട് യഹൂദർ അവർ വലിയ ശത്രുത പുലർത്തിയിരുന്നു മദീനയിലെ യഹൂദരെ നമുക്ക് മൂന്ന് വിഭാഗമായി തിരിക്കാം ഈ മൂന്ന് വിഭാഗവും അവരൊക്കെ അവരുമായി ബന്ധപ്പെട്ട എല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് മദീനയിലെ യഹൂദന്മാർ മൂന്ന് വിഭാഗമായി നമുക്ക് തിരിക്കാം ഒന്ന് ബനു കൈനുക ഒന്നാമത്തെ വിഭാഗം ബനു കൈനുക വിഭാഗമാണ് അവർ ഹസ്രജുകാരുമായി കരാറിലേർപ്പെട്ടിരുന്ന ആളുകളാണ് മദീനക്കുള്ളിലാണ് അവർ താമസിച്ചിരുന്നത് ബനു കൈനുക രണ്ടാമത്തെ വിഭാഗം ബനു കുറൈവയാണ് രണ്ടാമത്തെ വിഭാഗം ബനു കുറയവയാണ് ബനു കുറയവക്കാർ താമസിച്ചിരുന്നത് മദീനയുടെ ചുറ്റു അവർ ഔസ് ഗോത്രവുമായി കരാറിലേർപ്പെട്ടിരുന്ന ആളുകളാണ് മൂന്നാമത്തെ വിഭാഗം ബനു നജാറുകാരാണ് മൂന്നാമത്തെ വിഭാഗം ബനു നബിയറുകാരാണ് മൂന്നാമത്തെ വിഭാഗം ബനു ആൻഡ് നബിയറുകാരാണ് ഇങ്ങനെ മൂന്ന് വിഭാഗമായാണ് യഹൂദർ മദീനയിൽ താമസിച്ചിരുന്നത് അവർ നബി സല്ലാഹലി വസല്ലമ്മയോട് കടുത്ത ശത്രുത കാണിച്ചിരുന്നു കാരണം അവർ പ്രതീക്ഷിച്ചത് അവരിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബി വരുമനാണ് അവരാകട്ടെ പ്രതീക്ഷിച്ചത് ബനു ഇസ്രാഹലുകാരിൽ നിന്നും ഒരു നബി വരുമനാണ് ബനു ഇസ്രീലുകാരെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിക്ക് രണ്ടു മക്കളുണ്ടായി ഒന്ന് ഇസ്മാൽ നബി രണ്ട് ഇസ്ഹാഖ് നബി ഇസ്ഹാഖ് നബിയുടെ പരം ഇസ്ഹാഖിന്റെ മകനാണ് ആര് യാഹൂബ് യാഹൂബിന്റെ മറ്റൊരു പേരാണ് എന്ത് ഇസ്രീൽ ആ അർത്ഥത്തിലാണ് ബനു ഇസ്രായിൽ എന്ന് യഹൂദ നസറാനികൾക്ക് പറഞ്ഞത് ഇസ്രായിലിന്റെ മക്കൾ എന്ന ഇസ്രായേലിന്റെ മക്കളാണ് അന്നുണ്ടായിരുന്ന യഹൂദരും നസറാനികളും ഇന്നുള്ള നസറാനികളും യഹൂദരും എല്ലാം യാക്കൂബ് നബിയുടെ പരമ്പരയിൽപ്പെട്ടവർ മാത്രമൊന്നുമല്ല അതിലെത്ര പരമ്പരകൾ സത്യസന്ധമാണ് എന്നത് വേറെ തന്നെ പരിശോധിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് എന്നാൽ അക്കാലഘട്ടത്തിൽ ബനു ഇസ്രായേലുകാർ വേറിട്ട് തന്നെ നിൽക്കുന്ന ആളുകളാണ് അവർ ഇസ്രായേലിന്റെ പരമ്പരയിൽ വന്നയാൾ ഇസ്രായേൽ അതായത് യാക്കൂബ് നബി മക്കളിൽ നബിമാരായ നബിയായ ഒരു മകൻ ഏതാണ് യൂസുഫ് നബിയാണ് യൂസുഫ് നബി അടക്കം പന്ത്രണ്ട് മക്കൾ അദ്ദേഹത്തിനുണ്ട് ഈ പന്ത്രണ്ട് മക്കൾ പിന്നീട് ഗോത്രങ്ങളായി പിരിഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചാണ് വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാനു വാല പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞത് അല്ലെ അവർക്ക് പാറയിൽ നിന്ന് അള്ളാഹു വെള്ളം തുറന്നുകൊടുത്തു അത് പന്ത്രണ്ട് ഉറവുകളായിരുന്നു ഒരു പാറയിൽ നിന്ന് പന്ത്രണ്ട് ഉറവുകളാണ് പൊട്ടിയൊഴുകിയത് ഈ പന്ത്രണ്ട് ഉറവുകളും പന്ത്രണ്ട് മക്കളുടെ പരമ്പരകൾ ആ ഗോത്രങ്ങളിലേക്കായിട്ടാണ് പിന്നീട് നൽകപ്പെട്ടത് അള്ളാഹു സുബാൻ വത്താലുനിൽ പറഞ്ഞതുപോലെ അല്ലെ അവർ ാർക്ക് വേണ്ടി വെള്ളം അള്ളാഹുവിനോട് തേടി അപ്പോൾ അള്ളാഹു സുലഹ കല്ലിന്റെ മുകളിൽ അടിക്കാനും പറഞ്ഞു അതിൽ നിന്ന് പന്ത്രണ്ട് ഉറവുകൾ പൊട്ടിയൊഴുകി ആ പന്ത്രണ്ട് ഉറവുകൾ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു അപ്പോൾ ബനു ഇസ്റായി അവർ പ്രതീക്ഷിച്ചത് അവസാനത്തെ നബി വരിക ഈ അപൂബിന്റെ പരമ്പരയിലാണ് എന്നെ പക്ഷെ അള്ളാഹു സുബാനുഹു ബനു ഇസ്രാരിൽ ധാരാളം നബിമാരെ നിശ്ചയിച്ചിട്ടുണ്ട് പിന്നീട് നാം നിലക്കാതെ നമ്മുടെ റസൂലുകൾ അയച്ചു ബനു ഇസ്രായേൽ ഒരു നബി മരിച്ചാൽ അടുത്ത നബി വരും അടുത്ത നബി വരും ചില സന്ദർഭങ്ങളിൽ അവർക്ക് ഒരേ സമയവും രണ്ട് നബിമാരുണ്ടായിരുന്നു മൊസാ നബിയും ഹാറു നബിയും പോലെ ഈസാനബിയും യഹയാ അലി ഹലാത്തു വസ്സലാം പോലെ അതുപോലെ തന്നെ ദാവൂദ് നബിയും സുലൈമാൻ നബിയും പോലെ ഇങ്ങനെ ഒരേ സമയം വരും ഇസ്രായേലുകാർക്കിടയിൽ ഒന്നിലധികം നബിമാർ വരെ ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം നബിമാർ അവർക്കിടയിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇസ്മായിൽ പരമ്പരയിൽ ഒരു നബിയും വന്നിട്ടില്ല അള്ളാഹു സുൽഹാൻ അവർക്കെല്ലാം പകരമായി അവർക്കെല്ലാം മുകളിൽ നിൽക്കുന്ന എല്ലാവരെയും ആകാശലോകങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് മുതൽ എല്ലാ മനുഷ്യരുടെയും നേതാവായി മുഹമ്മദ് ഗുൻ അബ്ദില്ലാ സലാഹാത്ത അവിടെ നിയോഗിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ബനു ഇസ്ലിഖാർ അവർ അലൈഹി വസല്ലം അറവികളിൽ നിന്ന് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ വിചാരിച്ചത് അവരുടെ കൂട്ടത്തിൽ നിന്ന് വരുമെന്നാണ് അതിന് കാരണമായതാകട്ടെ അവർ തന്നെ തിരുത്തിയ ചൗറാജാണ് തൗറാജിൽ ഇപ്പോഴും തിരുത്തപ്പെട്ട് നിലകൊള്ളുന്ന ഭാഗങ്ങളിൽ ഒന്നാണ് അത് അവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിൽ തിരുത്തപ്പെട്ട രൂപത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അത് ഇസ്മായിലിന്റെ പരമ്പരയിൽ നിന്ന് വരേണ്ട നബിയെ കുറിച്ച് ഇസ്ഹാഫ എന്നാണ് അവർ നൽകിയിട്ടുള്ളത് മാത്രമല്ല അബ്രാഹീമിന്റെ മക്കളിൽ ആദ്യത്തെ മകനായ ഇസ്മാലിനെ കളിയാക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന അലിഹ് സ്വലാത്തു വസ്സലാം പരിഹസിക്കുന്ന വാക്കുകൾ ചൗറാത്തിൽ പലയിടത്തും കാണാം അത് വന്നത് ഈ അസൂയയിൽ നിന്നാണ് ഈ അസൂയയാകട്ടെ അതേടെ നിന്നാണ് വന്നത് യൂസുഫിനെ കൊലപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളിൽ നിന്നാണ് ബനു ഇസ്രായേലുകാർ അസൂയ എന്നത് അവരുടെ അറിയപ്പെട്ട സ്വഭാവമാണ് എന്നത് എവിടെ കാണാൻ പറ്റും യൂസുഫ് നബിയുടെ ചരിത്രത്തിൽ കാണാൻ പറ്റും യൂസുഫ് നബി അലിഹുസ്ലാത്തു വസ്ലാമിയുടെ അദ്ദേഹത്തിന്റെ വാക്കക്കുണ്ടായ വാത്സല്യത്തോടായിരുന്നു സഹോദരങ്ങളായ യൂസുഫിൻ്റെ മറ്റ് സഹോദരങ്ങൾ അസൂയ കാണിച്ചത് എന്നിട്ട് കൊ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയത് പിന്നെ കൊട്ടക്കിണക്കിലിട്ട് പാപ്പയോട് വന്ന് വർഷങ്ങളോളം കളവ് പറഞ്ഞത് പാപ്പയോട് വർഷങ്ങളോളം അവർ കളവ് പറഞ്ഞു മാത്രമല്ല അവരുടെ കണ്മുന്നിൽ വെച്ചാണ് വാപ്പ അബൂബ്ലബി അലിസ്വലാം അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പുറത്തേക്ക് വന്ന് ധാരധാരയായി ഒഴുകി ആ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നത് അവർ കാണുമ്പോൾ പോലും അവർ സത്യം പറഞ്ഞിട്ടില്ല അപ്പോഴൊക്കെ ഒരു കളു പറയാണ് ആ അസൂയ പണ്ഡിതന്മാരിച്ചത് പറഞ്ഞതുപോലെ സൂറത്ത് യൂസുഫ് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് യൂസുഫ് അള്ളാഹു അവതരിപ്പിച്ചതിനു പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് റസൂളെ സമാധാനപ്പെടുത്തലാണ് നബിയെ ഇസ്രാല്യർ അവരുടെ പിതാക്കൾ യൂസുഫിനോട് കാണിച്ച അസൂയ സ്വന്തം പിതാവിനുണ്ടായ മകനോട് കാണിച്ച അസൂയ അവരുടെ എളാപ്പക്കുണ്ടായ മക്കളിൽ വന്ന് നിന്നോടുള്ള അസുഖം എന്തായിരിക്കും ആ സൂചന സൂറത്ത് യൂസഫിന്റെ ചരിത്രം അതിനിടയിലുണ്ട് പ്രസൂറു അഹിഅലി വസ്സലമെ സമാധാനപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യം സൂറത്ത് യൂസഫിനുണ്ടായിരുന്നു ആ ലക്ഷ്യം ഇങ്ങനെയാണ് ഫലപ്പെടുന്നത് അതായത് നബിയെ അങ്ങയോട് അവർക്ക് അസുഖ ഉണ്ടാകുന്നതിൽ അത്ഭുതമില്ല ഒരു സ്വന്തം വാപ്പയിലുണ്ടായ കുട്ടിയോട് തങ്ങളുടെ അനിയനോട് അസൂയ കാണിച്ചവരാണ് യഹൂദരാകട്ടെ അസൂയ കൊണ്ട് അറിയപ്പെട്ട സമൂഹമാണ് നബിമാരെ എത്രയോ പേർ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് എത്രയോ നബിമാരെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് ചില ആൾക്കാരിനെ ഫിലസ്തീനിൽ ഫിലസ്തീനിൽ മഹദീസിൽ അള്ളാഹു സുബാനഹു ആലത് മുസ്ലിം നിങ്ങളുടെ കൈകളിലേക്ക് തിരിച്ചു നൽകട്ടെ അള്ളാഹു ആ വിജയം കാണാനുള്ള അവസരം നമുക്ക് അവർക്ക് നൽകട്ടെ ബൈതുൽ മഖ്ദീസ് അവിടെ അവർ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നത് ദുർബലരായ ആളുകൾ അടിച്ചമർത്തുന്നത് കാണുമ്പോൾ പല ആളുകളും ഇതൊക്കെ പ്രചരിപ്പിച്ചിട്ട് കണ്ടില്ലേ എന്തൊരു ഓർമ്മമാണ് അതിനേക്കാൾ വലിയ അതിക്രമം അവർ ചെയ്തത് വിശുദ്ധപ്രാനിലുണ്ട് സ്ത്രീകളെക്കാളും കുട്ടികളെക്കാളും പവിത്രരായ നബിമാരെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്